അധ്യായം അൻപത്തിയൊന്ന് അത്യാ മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിൽ പൊടിവിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ സംബന്ധിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ശക്തിയായി പൊടിവിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം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 സത്യമായിട്ടുള്ളത് തന്നെയാകുന്നു തീർച്ചയായും ന്യായവിധി സംഭവിക്കുന്നതുതന്നെയാകുന്നുള്ള ആകാശം തന്നെയാണ് സത്യം തീർച്ചയായും നിങ്ങൾ വിഭിന്നമായ അഭിപ്രായത്തിലാകുന്നു സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവൻ കുർആാനിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു ഊഹാപോഹക്കാർ ശപിക്കപ്പെടട്ടെ വിവരക്കേടിൽ മതിമറന്നു കഴിയുന്നവർ ന്യായവിധിയുടെ നാൾ എപ്പോഴായിരിക്കും എന്നവർ ചോദിക്കുന്നു നരകാഗ്നിയിൽ അവർ പരീക്ഷണത്തിന് വിധേയരാകുന്ന ദിവസമത്രേ അത് അവരോട് പറയപ്പെടും നിങ്ങൾക്കുള്ള പരീക്ഷണം നിങ്ങൾ അനുഭവിച്ചുകൊള്ളുവി നിങ്ങൾ എന്തൊന്നിന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നുവോ അതത്രേ ഇത് തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് തീർച്ചയായും അവർ അതിനു മുമ്പ് സദ്വൃത്തരായിരുന്നു രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു അവരുടെ സ്വത്തുക്കളിലാകട്ടെ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 അവിടെ വേദനയേറിയ ശിക്ഷ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തു മൂസായുടെ ചരിത്രത്തിലുമുണ്ട് ദൃഷ്ടാന്തങ്ങൾ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 കാറ്റ് നാം അവരുടെ നേരെ അയച്ച സന്ദർഭം ആ കാറ്റ് ഏതൊരു വസ്തുവിന്മേൽ ചെന്നെത്തിയോ അതിനെ ദ്രവിച്ച തുരുമ്പുപോലെ ആക്കാതെ അത് വിടുമായിരുന്നില്ല സമൂഹ ജനതയിലും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 അപ്പോൾ അവർക്ക് എഴുന്നേറ്റു പോകാൻ കഴിവുണ്ടായില്ല അവർ രക്ഷാനടപടികൾ എടുക്കുന്നവരായതുമില്ല അതിനുമുമ്പ് നോഹിന്റെ ജനതയേയും നാം നശിപ്പിക്കുകയുണ്ടായി തീർച്ചയായും അവർ അധർമ്മകാരികളായ ഒരു ജനതയായിരുന്നു ആകാശമാകട്ടെ നാം അതിനെ ശക്തികൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു ഭൂമിയാകട്ടെ നാം അതിനെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു എന്നാൽ അത് വിധാനിച്ചവൻ എത്ര നല്ലവൻ എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അതിനാൽ നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഓടിച്ചെല്ലുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നിങ്ങൾ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും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 അങ്ങനെ പറയണമെന്ന് അവർ അന്യോന്യം വസൂയത്ത് ചെയ്തിരിക്കുകയാണോ അല്ല അവർ അതിക്രമകാരികളായ ഒരു ജനതയാകുന്നു ആകയാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക നീ ആക്ഷേപാർഹനല്ല وَدَكِّرْ فَإِنَّ الذِّكْرَا تَنفعُ الْمُؤْمِنِينَ نِي اُلْبَوْدِ بِكُوْغَا تِيرْچَ يَعَيُمْ اُلْبَوْدَنَمْ سَتِّي بِشْوَاسِ غَلْكُ پْرَيَوْجَنَمْ چَيْنُ وَمَا قَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ جِنَّوْقَلَيُمْ مَنُشْحَرِيُمْ اِنَّ آرَادِ ك ഞാൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും ആഗ്രഹിക്കുന്നില്ല അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും